ഉദ്ഘാടനത്തിനു വേണ്ടി ബഹുമാനരായ പണ്ഡിതന്മാരെ സഹോദരന്മാരെ അഹ് ജമാന്റെയും സമസ്ത കേരള ജമിയത്തുലമ്മയുടെയും കിഴുകടങ്ങളുടെയും ഒക്കെ പ്രവർത്തകന്മാരായ സഹോദരങ്ങളെ സർവശക്തനായ അള്ളാഹോ നമ്മളിവിടെ ഒരുമിച്ച് കൂടുതലും സ്വാല്ഹായ്മരായ സബോത്ശയുമാരാകട്ടെ മുടി കൊണ്ടുവന്ന കാന്തപുരത്തെ പറ്റി സംബന്ധിച്ച് ചെമ്മട്ടം നടന്ന വലിയൊരു പരിപാടിയിൽ സിന്ദീഗ് എന്ന് ഞാൻ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ആ വിശേഷണത്തിന് അടിവരയിട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ പിരിഞ്ഞു പോവുക എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കപടനായ ഭക്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം കപടഭക്തൻ ഇൻഷാല്ല നിങ്ങളെല്ലാവരും ഇതിന് അടിവരയിട്ട് പോകുമെന്ന് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അനുസ്മരിക്കാം ഈ സ്വാഗത പ്രസംഗത്തിൽ ആളുകൾ അവരുടെ ഉസ്താദന്മാരും നേതാക്കന്മാരുമായ ആളുകളോട് ചെന്ന് വസ്തുതകൾ പറഞ്ഞപ്പോൾ അതൊക്കെ തൽക്കാലം നിങ്ങളവിടെ മറച്ചുവെക്കണം എന്ന് പറഞ്ഞതുപോലെയായിരുന്നു എനിക്കൊരു കുടുംബക്കത്ത് നൽകിക്കൊണ്ട് എന്റെ കുടുംബക്കാരൊക്കെ പറഞ്ഞത് നിനക്ക് അങ്ങനെ ഒരു സത്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇല്ല അവിടെ ഉണ്ടാതിരിക്കണം മറച്ചു വെക്കണമെന്ന് അള്ളാഹ് മഹാനായ നബിസ്വല്ലാഹ് വലഹി വസലമതങ്ങൾക്ക് എല്ലാ അമ്പയാക്കന്മാർക്കും മുസലിങ്ങൾക്കുമൊക്കെ മഴജിതത് ഉണ്ട് അത് മരണത്തോടുകൂടി മുറിഞ്ഞു പോവുക ഇല്ല എന്നാണ് സമസ്ത കേരള ജമിയത്തുകളുമായയുടെ പ്രവർത്തകന്മാരുടെ വിശ്വാസം നബിസ്വല്ലാഹു വലഹി വസലമത് അങ്ങോട്ട് മൊജിതത്ത് അള്ള രണ്ട് മണിക്കൂറിനകം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാകും അള്ളാഹു സുബൻ സത്യം മനസ്സിലാക്കാനും സത്യത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തക്കാരുടെ ജമീയത്തുലർമ്മയുടെയും കീഴുകടങ്ങളുടെയും ഒക്കെ നേതാക്കൾക്ക് പിന്നിൽ അണിനിരന്ത സജീവമായി പ്രവർത്തിക്കാനും സുന്ന ജമാനത്തിന്റെ അന്തസത്ത ഉയർത്തിപ്പിടിക്കാനും സർവശക്തം നമ്മയൊക്കെ തുണക്കുമാറാകട്ടെ ആമീനം ജോലി ചെയ്ത് ബിസ്മില്ലാഹിറമാൻ റഹിമെന്ന അള്ളാഹുവിന്റെ തെരുവേരിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഇസ്ലാം അലൈക്കും റഹമത്തുല്ലാഹി പറക്കും